നമ്മുടെ വിദ്യത്തിൻ്റെ അഹരികാർ പലജാതി വിദ്യത്തുകളും കൊണ്ട് വന്ന് വന്ന് വന്ന് വന്ന് ആകെ നാശമാകേണ്ട ഒരു സ്ഥിതിയിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വറക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറല്ലാഹുമറക്കുന്ന മഹാനവറുകളും മുഹറവിയായ പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇതിനൊന്ന് അറതി വരുത്തണം യഥാർത്ഥ സുന്നദ്ധ്യമായത്തിൻ്റെ ആശയം നേരെ തന്നെ നിൽക്കണം ആ ഉദ്ദേശം മാത്രം വെച്ചുണ്ടാക്ക സംഘടനയാണ് അതന്നു മുതൽ ഇന്ന് വരെ അതിൻ്റെ ഉദ്ദേശം ശരിക്കും റാഹത്തായി നടക്കുന്നു റിയാമനാളു വരെ ആ സംഘടനയെ അള്ളാഹുദല പരാജയപ്പെടുത്താതിരിക്കട്ടെ ആമിന അറബല്ല മറ്റൊന്നും തന്നെ സുന്നിത്യമായ ഉദ്ദേശം അവർക്കുണ്ടോ ഇല്ലയെന്ന് അള്ളാഹുദല ഉണ്ടെങ്കിലും മറ്റൊരു ഉദ്ദേശം ഞാൻ ഓർത്ത് നോക്കുകയാണ് ജാമിയാനുലിയായി ഒന്നാമത്തെ സനദ്ദാന സമ്മേളനത്തോട് ബന്ധിച്ചുകൊണ്ട് അവിടുത്തെ മുത്തവൽ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പരീക്ഷ വെച്ചപ്പോൾ ബാഫക്യത്വങ്ങളും പാണക്കാട്ട് പൂക്കോയത്തങ്ങളും എല്ലാവരും ചർച്ച ചെയ്തു ആദ്യമായി കേരളത്തിൽ ഒരു ഉന്നത ബിരുദം കൊടുത്തു കൊണ്ട് വിടുന്ന ഒന്നാകുമ്പോൾ ഏറ്റവും നല്ല പണ്ഡിതന്മാരെ കൊണ്ട് പരീക്ഷ നടത്തിയിട്ട് പൂർണ്ണമായി വിജയി വെച്ചവർക്ക് കൊടുക്കണം അങ്ങനെ പറയുമ്പോൾ ആര് പരീക്ഷിക്കണം പുലമാക്കളും സാദാത്വങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് തുഹഫത്തുൽ മഹ്താജ് കണ്ണീർ തുസ്താദി പരീക്ഷിക്കണം തെസീർ മൈലാവി സ്ഥതക്കത്തുള്ള മുസി പരീക്ഷിക്കണം മുത്തൽ ഐനിക്കാട്ട് ഇബ്രാഹിം മുസ്ലിറ് പരീക്ഷിക്കണം ഇഹ്യാ അലൂമുദ്ദീൻ കരിങ്ങപ്പാറ പരിശോധിക്കണം എന്നിങ്ങനെ കിതാബും അത് പരീക്ഷൻ്റെ വിലമാക്കളെയും തീർച്ചപ്പെടുത്തി എല്ലാവരും മരിച്ചുപോയി ആ ജീവിതം അള്ളാഹുത്തേറ നല്ല സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എല്ലാവരും ഒരുമിച്ചിരാ മരിസിൽ ഈ ഉസ്താദന്മാരൊക്കെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യുമ്പോൾ ഈ കണ്ണുകൊണ്ട് കണ്ട ഈ ചെവിട് കൊണ്ട് കേട്ട ഒരു യാഥാര്ത്ഥ്യം കണ്ണിത്തുസ്താദ് സതൊക്കത്തുള്ള മുസ്ലാമെന്ന് സതൊക്കെ എനിക്ക് സദാസു എന്താന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറിനെ പറ്റി ഇത്ര കടുപ്പാക്കുന്നത് ഇത് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ ചെവിട് കേട്ടതാണ് അള്ളാഹുവദിനെ സാക്ഷിയാണ് ഇന്ന് ആ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സുന്നദ്ധ്യമായത്തിൻ്റെ സംഘടനയാണെങ്കിലും അവർ ഇന്ന് വളരെ ഉഷാറായി കൊണ്ടു നടക്കുന്ന സ്പീക്കറുകൾ ഹുതുബോധിയാൽ അവ ഹുത്തുബിയും നിസ്കാരമൊന്നും പറ്റൂട ഹതീബിൻ്റെ കൂറ്റ് കേൾക്കണം ഹത്തീബിൻ്റെ കൂറ്റ് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ഉദ്ദേശം അവർക്കുണ്ട് നിഷേധിക്കാൻ പറ്റൂല ഇവിടെ രാഷ്ട്രീയ കക്ഷികളൊക്കെ പലതാണ് കമ്മ്യൂണിസ്റ്റ് രണ്ടായി കോൺഗ്രസ് രണ്ടായി ലീഗ് രണ്ടായി രണ്ടാകുമ്പോൾ രണ്ട് പേരാണ് ഐ കോൺഗ്രസ് യു കോൺഗ്രസ് അല്ലേ ഇടത് ബലത് യൂണിയൻ ലീഗ് വിവിധ ലീഗ് ഇങ്ങനെ സംഘടന രണ്ടാകുമ്പോൾ ഒന്ന് രണ്ടായി രണ്ട് പേരിലാണ് നിങ്ങളൊക്കെ സംബന്ധിച്ച് യാഥാർത്ഥ്യമല്ല ഇത് ബഹുമാനപ്പെട്ട സമസ്തകരുടെ ജമ്യത്തിലുള്ള നിർഭാഗ്യമെന്ന് പറയട്ടെ രണ്ടായി പിരിഞ്ഞപ്പോൾ രണ്ടും ഒരേ പേരിലാണ് പൊതുജനങ്ങൾ കേൾക്കുന്നത് സമസ്ത സമസ്ത ചിലപ്പോ എ പി വിഭാഗം ചിലപ്പോൾ ഈ ക വിഭാഗം നിങ്ങൾക്കൊരു സംഭവം കേൾക്കണോ കുറേ കൊല്ലം മുൻപ് തളിപ്പറമ്പ് കുവത്തുൽ ഇസ്ലാം മദ്രസിയിൽ ഞാൻ വേദന പോയപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു മുസ്ലിാറൻ അയാളെ നാടും പേരും എനിക്കറിയില്ല ഒരു ദിവസം അയാളെ കണ്ടില്ല ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ആ സ്ഥാപനത്തിൽ പിറ്റന്നിന്നലെ നിങ്ങളൊന്നും ഇന്നലെ വേദനക്കാൻ വരാനീ ഇന്നലെ ഞാൻ ഉസ്താദ് നമ്മുടെ കാര്യമായ ഉസ്താദാണ് ആ ഉസ്താദിനൊന്ന് സന്ദർശിക്കാൻ പോയതായിരുന്നു എന്നിട്ടെന്തുണ്ടായി എന്ത് പറഞ്ഞു എനിക്കൊരു വലിയ പ്രയാസമുണ്ടായ ഉസ്താദെ ഞാൻ കണ്ണിത്ത് ഉസ്താദിനോട് പറഞ്ഞുദക്കെ വല്ലാണ്ട് വിഷമിച്ചേന ഉള്ളാളെന്തങ്ങളും നമ്മൾ ഉസ്താദാ ഇവിടുന്ന ഞമ്മളുസ്താദ ഞമ്മളെന്താ ചെയ്യണ്ടേ നമുക്കാരെങ്കിലും തള്ളാൻ പറ്റുമോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ കിടന്ന കണ്ണിയ തുസ്താദ് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു സമസ്ത കേരള ജമീയ തെരുമാരുടെ പ്രസിഡന്റ് കണ്യ തുസ്താദ് അത് ഞാനാണ് ഞാൻ മരിച്ചിട്ടില്ല ഞാൻ ആ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുത്തിട്ടുമില്ല സമസ്തകർ ജമിയന്മാരുടെ ജനറൽ സെക്രട്ടറി ഇ കെ അബൂബ അറിയോ ഇ കെ അബൂബക്കർ മുസ്ലിയർ അയാളാണതിൻ്റെ സെക്രട്ടറി അയാൾ ആ സ്ഥാനം മറ്റൊരാൾക്ക് ഏൽപ്പിച്ചിട്ടില്ല അയാൾ മരിച്ചിട്ടുമില്ല പിന്നെന്തേ പിന്നെന്തേ ഞാൻ വിഷമിച്ചു അപ്പം അവരെയൊക്കെ മനസ്സിൽ വളരെ പ്രയാസം വിഷയത്തിലുണ്ടായിരുന്നു സമസ്ത മഹാനായ പ്രസിഡന്റ് കണ്ണിത്തുസ്ഥാദ്ള്ളപ്പോൾ മുഖർവിയായ ഉടമാ ലക്ഷണങ്ങൾ വളരെ പ്രത്യക്ഷമായി തൻ്റെ മനസ്സിലായി എല്ലാ കക്ഷികൾക്കും മനസ്സിലാവുന്ന ബഹുമാനപ്പെട്ടുനാ ശംസ് മഹാൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ സമസ്ത സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോസ്റ്റ് വരുമ്പോൾ മറ്റൊരു കടലാശില് വരുമ്പോൾ മനോവേദന കേട്ടോ അപ്പം അധികാരമോഹം എന്നതല്ലാതെ മറ്റൊന്നുമില്ല അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഏത് സംഘടനകളുണ്ടാകുമ്പോഴും അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു ദുരുദ്ദേശമുണ്ടാകും സുമ വല്ലാഹി സമസ്ത ജമ്യത്തിലും രൂപീകരിക്കുമ്പോൾ സുന്നത്യ മകത്തിൻ്റെ ആശയമ്മയുടെ മേലെ വരുക തന്നെ ചെയ്യണം അത് കെട്ടുപോകരുത് അതിന് മറികടന്നൊരു സംഘടന മുസ്ലിംകളുടെ ഉണ്ടാകരുത് ആ ഉദ്ദേശം വെച്ച് ഉണ്ടായ സംഘടന സമസ്താദത്തിൽ മാത്രമാണ് അള്ളാഹു സുബാനഹത്തിന്റെ ദൈനംദിനം അതിനെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാരൊക്കെയാണോ അവരുടെ ദുനിയാവിലും ആഹുരത്തിലും അള്ളാഹു നല്ല ദൃഢയിലാക്കി കൊടുക്കട്ടെ ഞാൻ നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുന്നത് രണ്ടുമൂന്ന് വിഷയങ്ങളാണ് ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ്റെ പരിപാടി കൊണ്ട് അവൻ്റെ പ്രസംഗം കൊണ്ട് അവൻ്റെ പ്രസിദ്ധീകരണം കൊണ്ട് പിന്നീടൊരു പ്രശ്നമുണ്ടായിപ്പോകൽ ഇതെല്ലാ കാലത്തും സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഒരാളൊന്ന് ചെയ്യുമ്പോൾ പിന്നീടതിൻ്റെ ഒരു പ്രശ്നവും പ്രയാസവും സംസാരവും അത് കാരണമായി ഉണ്ടാകരുത് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാന്റെ ഋസൂലിനങ്ങനെ ജീവിപ്പിച്ചു പടച്ചോ അള്ളാന്റെ ഋസൂൽ ഇന്ന അവര വൈദ്യ ഉദയ മുബാറക്കൻ ഈ ദുരി ആദ്യമുണ്ടായ വിവാദത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആ പുണ്യമാലം അള്ളാഹുവിൻ്റെ കൈബാ ശരീഫാ ദുനിയാവിൽ ആദ്യമുണ്ടായ വിവാദത്തിന്റെ മണിമന്ദിരം ദുനിയാദ്യമുണ്ടായ കേബം പല പ്രാവശ്യം അത് മാറ്റി മാറ്റി മാറ്റി പണിതിട്ടുണ്ട് ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല അള്ളാഹുബൻ്റെ റസൂലിന് കിട്ടി പരിശുദ്ധ മക്കാശലിൽ താമസിച്ചു അങ്ങനെ മദീനത്തേക്ക് ഹിജറ പോകേണ്ട ഒരു സ്ഥിതി വന്നു മദീനത്തേക്ക് ഋസൂറുള്ള ഹിജറ പോയി മദീനത്തെ യഹൂദന്മാരും നസാറാക്കളും ഒക്കെയാണ് കൂടുതലുള്ളത് മദീനത്തിൽ ചെന്നപ്പോൾ യഹൂദന്മാർക്കും നിസ്കാരമുണ്ട് മറ്റുള്ളവർക്കും നിസ്കാരമുണ്ട് മറ്റോരോരുടെ ഭിന്ന സമുദായമായിരുന്നു അവരൊക്കെ അവർ നിസ്കരിക്കുക വൈത്തുരുമത്തത്തിലേക്ക് തിരിഞ്ഞിട്ടാണ് അങ്ങനെ ഋസൂറുള്ള മദീനത്ത് ചെന്നപ്പോൾ അല്ലാൻ്റെ റോഡ് മുഹമ്മദ് നബിയെ തങ്ങളുടെ മദീനത്തിൽ ചെന്ന ഉടനെ അവരിങ്ങോട്ട് നിസ്കരി ബൈത്തുന്മുഖ ദശ കൊള്ളാം തങ്ങളിങ്ങോട്ട് നിസ്കരിച്ചാൽ പ്രശ്നം ഉണ്ടാവും മുഹമ്മദ് മക്കത്തുനിന്ന് കുറെ കഴിയുമൊക്കെ ചൂപടത്തും ഇവിടെ ഫിത്തിനെ ആക്കിയല്ലോ നമ്മുടെ ഇങ്ങോട്ട് മുഹമ്മദ് അങ്ങോട്ട് തങ്ങള് കേബം കൊണ്ട് തിരിഞ്ഞ് നിസ്കരിച്ചാൽ സംസാരം ഭയങ്കര പ്രശ്നമുണ്ടാവും മദീനത്ത് അത് വേണ്ട മുസ്തഫാൻ അബ്ബന്റെ ഭാണ്ട തങ്ങളും ബൈത്തുൽ മുക്കദ്സ്സുകൾ തിരിഞ്ഞ് നിസ്കരിക്കണം നിങ്ങൾ ഓർത്തുനോക്കൂ മക്കളെ റസൂർ ഉദ്ദാന്റെ ബലിവാപ്പ് ഇബ്രാഹിം നബി അലി ഇസ്ലാം നിർമ്മിച്ച കൈബാ ഷരീഫിലേക്ക് മദീനത്ത് പോകുന്ന അന്ന് വരെ നിസ്കരിച്ച റസൂർദാനോട് മദീനത്തെത്തിയപ്പോൾ പഠിച്ചോണ്ടോടാ നിക്കാരത്തിന് മറ്റുള്ള നിൽക്കരുപോ നിസ്കരിച്ചു അയഹൂദന്മാർ നിൽക്കരിക്കുമ്പോൾ ബൈത്തുൽ മുഖസ്സ് തിരിഞ്ഞ് നിസ്കരിച്ചോ തങ്ങളിപ്പോൾ അവിടെ ചെന്നപാട് കിഴമ്പം കൊള്ളത് ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ആടെ പ്രശ്നമാകും ഇവിടെ ആകെ സൂയിപ്പാക്കിയ ചങ്ങായി വന്നിട്ട് നമ്മൾ ഇതിലിങ്ങോട്ട് കിരിക്കുക നമ്മളെ പള്ളീൻ്റെ കിമ്പ കിവിൽ ഇങ്ങോട്ട് ചങ്ങായി ഇങ്ങോട്ട് പ്രശ്നമുണ്ടാകും തങ്ങളെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം ഉണ്ടായിക്കൂടാ അതുകൊണ്ട് തങ്ങൾ ബൈത്തു മുഖത്ത് കൊള്ളു നിസ്കരിക്കുക സൂര്യൻ നിസ്കരിച്ചു അല്ലാണ്ട് പട്ടല്ലേ ഓരോരോ നമസ്കാരത്തിൻ്റെ ദുഃഖത്തിനും ം എനിക്ക് എന്റെ വലിയ ആ കേബം കൊള്ള തന്നെ തിരിഞ്ഞു നിസ്കരിക്കോട് കൂടിയാണ് റസൂർ മതങ്ങൾ ബൈത്തുൽ മുഖത്തെ തിരിഞ്ഞു നിസ്കരിക്കുന്നു ഒരു ദിവസമല്ല ഒരു മാസമല്ല ആറു മാസമല്ല ഒരു കൊല്ലമല്ലീറ് നോക്കിയാൽ അലിമിങ്ങളെ നിങ്ങൾക്ക് കാണാം പതിനാറ് മാസം പതിനാറ് മാസം പരിശുദ്ധ മദീനയിടുന്ന ഒരാഴ്ച മുമ്പ് ആ പള്ളി ഞാൻ പോയി നിസ്കരിച്ചു മസ്ജിദുൽ കിബിലത്തെയും എന്നാണ് ആ പള്ളിന്റെ പേര് മസ്ജിദുൽ കിബിലത്തെയും അങ്ങനെ ഒരു ദിവസം അള്ളഹാന്റെ റിസൂർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിൽ തന്നെ ജിബിരീട് വന്നു എന്നിങ്ങോട്ട് തിരിഞ്ഞു കേപം കൊള്ളാം തങ്ങൾ പോതി ജിബിരീട് ഖുർആാനും കൊണ്ട് വരുന്നു കഥിനറാത്ത കല്ലുഭവജി കഫിസ്സമാ പടച്ചോനാകുന്ന ഞാൻ കാണുന്നു മുഹമ്മദ് നബിയെ കിബില കൊള്ള കേബം കൊള്ളത്തന്നെ തിരിഞ്ഞു നിസ്കരിച്ചോ എന്ന നിയമവും കൊണ്ട് ജിബിരിയിൽ വരുന്നുണ്ടോ ജിബിലിയിൽ വരുന്നുണ്ടോ ആകാശത്തിൻ്റെ ഭാഗത്തേക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാണുന്നു മുഹമ്മദ് നബിയെ ഇനി തങ്ങൾ കേപം കൊള്ളത്തിരിഞ്ഞ് നമസ്ക്കൊരു പ്രശ്നവും ഉണ്ടാകൂല നൂറ്റൊന്ന് ശതമാനം തങ്ങളെ മദീനക്കാർക്ക് മതിപ്പ് വന്നു ഇനി തങ്ങളെന്ത് ചെയ്താലും എങ്ങോട്ട് ചെയ്ത് കരിച്ചാലൊരു അഭിപ്രായത്തിന് തങ്ങളെപ്പറ്റി വരൂല അതുകൊണ്ട് ഫവലിഹത്രു മസ്ജിദ്ൽ ഹറാ തങ്ങൾ മസ്ജിദുൽ ഹെറാബിലേക്ക് തന്നെ തിരിഞ്ഞോളൂ കേബം കൊള്ളെ തന്നെ തിരിഞ്ഞോളൂ ആ നിസ്കാരത്തിൽ തന്നെ ഒരു സുപ്രീംകോട്ടിൽ തിരിഞ്ഞു അതാണ് മസ്ജിദുൽ കിബിലത്തെയും അറുപത്തൊൻപതിൽ ഞാൻ ഹജ്ജിന് പോയപ്പോ ആ പണി രണ്ട് മെഹ്റാബാ ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് രണ്ട് മെഹ്റാബ് അയ്യാജത്തെ മെഹ്റാബ് തൊടുവേൽ നക്കും മണക്കുമൊക്കെ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് അത് നിങ്ങൾ ആടെങ്ങനെ തൊട്ടുകൊണ്ട് എന്താ ആടെങ്ങനെ നോക്കിയോണ്ട അന്നിലക്കുള്ള സംഗതികളിൽ അവാമൻ ആ ചെയ്തിട്ട് അവിടുത്തെ ഗവർമെന്റ് നല്ലവരാകുന്നവിടുത്തെ ഗവൺമെന്റ് അം മെഹ്റാബാണ്ടടച്ചു ഇപ്പം കേപം കൊള്ളത്തിരുന്ന മെഹ്റാബേ ഉള്ളൂ അപ്പം നിങ്ങൾ ഓർത്ത് നോക്ക് നിങ്ങൾ ഓർത്ത് നോക്ക് അള്ളാന്റെ റസൂന് മദീനത്തിൻ്റെ നിസ്കാരത്തിൽ തന്നെ കേപം കൊള്ളത്തിരിയേണ്ട ബൈത്തുൽമൊക്കെ തിരിഞ്ഞോ തങ്ങളവിടെ ചെന്ന ഉടനെ ബൈത്തുൽമൊക്കിലേക്ക് തിരിയാതെ കേബം കൊള്ളത്തിരിഞ്ഞാൽ അവിടെ സംസാരമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും അതുകൊണ്ട് അത് വേണ്ട നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മക്കളെ നമുക്കിത് പാഠങ്ങളല്ലേ ഇബ്രാഹിം നബി അലി ഇസ്ലാം കേബാശ്രമിച്ച അതിൻ്റെ നീളം ഇത്ര വീതി ഇത്ര ഇങ്ങനെയായിരുന്നു പലതവണ കേബം മാറ്റി മാറ്റിയെടുത്തല്ലോ പലതവണ ഒരു കാലത്ത് കേപം നിർമ്മിക്കുമ്പോൾ സാമ്പത്തികമായ പ്രയാസം കൊണ്ടോ മറ്റെന്തോ കൊണ്ട് അതിൻ്റെ റെഡിക്കുള്ള വലുപ്പത്തിൽ ക്യാബം നിർമ്മിക്കാനുള്ള ചുറ്റുപാടുണ്ടായില്ല ഒരു ഭാഗം ഒന്ന് ചെറുതാക്കി അപ്പം ആടെ ചുമരു വേണ്ട ഇവിടെ ചുമരു ഇവിടെ ചുമരും ഒറ്റ ചുമരുവേണ്ട ഇപ്പൊ കുറെ കല്ലിൻ്റെ അതായം കൂട്ടും കുറെ പണിൻ്റെ അതായം കൂട്ടും ഒന്ന് ചെറുതാക്കി എങ്കിലും ഇബ്രാഹിം നബി ഖാബം എടുത്തപ്പോൾ ഇത്ര വലുപ്പുണ്ടായിരുന്നു ക്യാബം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വളവ് ഒരു ചെറിയ മതിലവിടെ കെട്ടി ആ മതിലാണ് ഹിജുർ ഇസ്മായിൽ എന്ന് പറഞ്ഞത് കണ്ടവരുണ്ടല്ല ഇസ്മായിൽ ആ വലുപ്പത്തിലുണ്ടായിരുന്നു കേബത്തിന്റെ ചുമരിൻ്റെ വലുപ്പം വീതി നീട്ടം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു കണ്മതിൽ നമ്മടൊക്കെ കാണുന്ന പെട്ടെന്ന് നിങ്ങളും കണ്ടവരല്ലേ അള്ളാഹുവിന്റെ റിസൂൻ ഒരാഗ്രഹം എന്റെ ആഗ്രഹം ഇബ്രാഹിന്റെ എടുത്ത് അതേ വലുപ്പത്തിന്റെ കേബ് എടുത്തുകിട്ട് എന്തൊരു ഗുണം ഉണ്ടാവും അള്ളാഹുന്റെ റിസൂൽ ചെയ്തില്ല എന്തേ ചെയ്യാതിരുന്നത് പറയാറ് സൂറു ഐ കൗമുഖ ഇന്നലെ എന്നാൽ നീണ്ടു വന്നോലാ പുതിയ പുതിയ മുസ്ലിമീങ്ങളാ പോലെ ഇസ്ലാമിൽ കുറെ കാലപ്പഴക്കം വന്നെങ്കിൽ ഞാൻ റെഡിക്കും എൻ്റെ വടിയപ്പ ഇബ്രാഹിം നബിയ അതേ വലുപ്പത്തിൽ തന്നെ അതേ നീട്ടത്തിൽ തന്നെ അതേ വീതിയിൽ തന്നെ എടുക്കുമായിരുന്നു പക്ഷെ ഇന്നലെയും ഇസ്ലാമിൽ വന്നോരല്ലേ അസാവിമാർ ഒക്ക അപ്പോഴേ പ്രശ്നം ഉണ്ടാവും ആകെ മുഹമ്മദ് കുല കടങ്ങാറാക്കിയല്ലോ ഏ മുഹമ്മദ് കയബത്തുമ്പോലും കയ്യില് കൈവച്ചല്ലോ കേബത്തിന് ചെമ്പർ അങ്ങേപ്പറ ഇങ്ങേപ്പറിലും പ്രത്യേകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ തങ്ങളെപ്പറ്റത്തെ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെ വരും ഇസ്സലാം ഐഷ ഇൻ്റെ ജനങ്ങൾ ഇപ്പം അടുത്തടുത്ത് മുസ്ലിം നിങ്ങളായവരല്ല പണ്ടേ ഇസ്ലാമിലുള്ളവരാണെങ്കിൽ ഞാൻ കേബത്തിൽ ഇബ്രാഹിം നബിയുടെ തമ്പ അതേ ബലിപ്പത്തിലെടുക്കുകയും ആടെ ഞാൻ എത്താത്ത ഇവിടെ ജനങ്ങളുടെ പ്രശ്നവും സംസാര വിഷയവുമായി പോകും ഇതെല്ലാ കാലത്തും ആരും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഇന്ന് പിണറായി വിധേനും അച്യുതാനന്ദനുമൊക്കെ ചർച്ചയല്ലേ ഈ ചർച്ച ഏത് കാലത്ത് കെട്ടടങ്ങും ഈ ചർച്ചയൊക്കെ ഉണ്ടാകാനുള്ള കാരണമെന്താണ് വ്യക്തമായ നിങ്ങളുടെ ചിന്ത ഈ ചർച്ചയൊക്കെ വരാനുള്ള കാരണമെന്താണ് ഇന്നും ഇന്നലെയുമുള്ള മുടിയും നഖവും ഒന്നും അല്ലല്ലോ ഇത് ഹീദരവർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്നായില്ലേ ഇപ്പോഴാണത് വലിയ പ്രശ്നമായി മറ്റുള്ള കക്ഷികൾ ഇവരെ കൈകാര്യം ചെയ്യുന്നത് ഞാനിപ്പറഞ്ഞ രണ്ട് സംഗതി നമുക്ക് പാഠമാണ് ഒരാളൊരു സംഗതിയിലേക്ക് തുനിയുമ്പോൾ ഞാൻ ഇതിലേക്ക് തുനിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്രയാസങ്ങളുണ്ടാകുമോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ എല്ലാം കൂടി കുരുമനാവോ എന്നൊരു ചിന്തിക്കൽ നല്ലതാണ് ഒരു മനുഷ്യനോട് നിസ്കാരത്തിനൊതു മുറിഞ്ഞു ൂറക്കരിക്ക പെട്ടെന്ന് തോന്നുന്നു ഒന്നും പറ്റൂലോ എന്നാ ഫിഖിന്റെ മസ്അല എന്താ ഫിഖഹിന്റെ അവൻ മൂക്ക് പൊത്തിയിട്ട് പോകട്ടു പുറത്ത് ഒതുണ്ടാക്കാൻ അതെന്തിനാ മൂക്ക് പൊത്തുന്നു അതെന്തിനക്ക് മൂക്ക് പൊത്താതെ നടത്തണം അപ്പാളെന്ത് പറയൂ അമ്മത് കാക്ക് നിൽക്കാരും കിടക്കാൻ നോമ്പ് കിടക്ക എല്ലാം കിടക്കേട്ട എന്താ ഇങ്ങനെ ആളുകൾ പറഞ്ഞ് പ്രശ്നമുണ്ടാവും അതുകൊണ്ട് ഫിഖിന്റെ മസ്തല നിസ്കാരത്തിൽ ഒരു മനുഷ്യന്റെ ഒതുമുറിഞ്ഞു പോയാൽ അവൻ മൂക്ക് പൊത്തിക്കൊണ്ടു പോകണം അതെന്തിനാ എന്താ മഹമൂദാലി ദുഃഖിച്ചോടൊക്കെ മൂക്കു മൂക്കും ചോചേറ്റ പന്ത് കിണ്ടാവും തരുമൂക്ക് പൊട്ടി ചോചേട്ടൻ പത്തിക്കുണ്ടാവും അവർക്ക് മൂക്കു പിടിച്ചെട്ട പോന്ന് ആ പയാളെപ്പറ്റി മറ്റൊരു തെറ്റിദ്ധാരണ വരൂല അപ്പൊ ജനങ്ങളിടയിൽ ഒരു തെറ്റിദ്ധാരണ വരുന്നത് സൂക്ഷിച്ചു ജീവിക്കണം അതല്ല ഈ സംഭവം പഠിപ്പിക്കുന്നത് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം ആലിമ്യങ്ങളെ മുത്താലിമ്യങ്ങളെ നിഷ്പക്ഷമായി ചിന്തിക്കണം ഇതൊക്കെ ഒരവസരം അള്ളാഹുബിൻ്റെ റസൂലും സഫിയത്തി ബീവിയാകുന്ന ഭാര്യയുമായി എന്തെല്ലോ ചില പ്രശ്നം കണ്ടു തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർഹത്താബ് കേറി വരിക അങ് റസൂലാണ് സഫിയാൻ എന്തെല്ലാം സിത്ത ചായകൾക്ക് എന്തെല്ലോ തമാശ പറഞ്ഞുകൊടുക്കുക അപ്പോഴാണ് ഉമർഹത്താബ് അങ്ങ് കയറി വരുന്നത് അപ്പൊ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അതോ തങ്ങളെപ്പിച്ചെന്തോ തെറ്റിദ്ധാരണ്ടാവു തങ്ങളെന് പറയുന്നു ജോലി അതാ ഇബിലീസിന്റെ ജോലി അതാ എന്താ കാര്യമായ നബിയായിട്ട് ഇങ്ങനെ ഭാര്യക്കാർ ചേട്ട് വർത്തമാനം പറയുന്നത് ഇത് നബിക്ക് പറ്റുമോ ഞമ്മക്ക് പറ്റുമോ എന്നല്ലുള്ള അഭിപ്രായത്തെ ഓണി ഉണ്ടാക്കും ഇബിരീസ് ഇബിരീസിന്റെ പണിയതാ അതുകൊണ്ട് എനിക്കുണ്ടായി ചല്ല അഭിപ്രായം ഇത് എന്റെ പെണ്ണുങ്ങളല്ലേ എന്റെ ഭാര്യത്തിലെ വസന്ത വസന്തമാശ ഒക്കെ പറഞ്ഞു ഇവിടെ നമുക്ക് ഒന്നായി തീരുന്നു ഇവിടെ അപ്പൊ ഇങ്ങനെ ജനങ്ങളുടെ ഒരു അഭിപ്രായത്തെ വരുന്ന സംഗതി സൂക്ഷിക്കപ്പെടേണ്ടതാണ് എല്ലാ കാലത്തും സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ വിഷയങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാനുള്ള ചില സംഗതി മാത്രം പറഞ്ഞു എന്നെയാണ് അല്ലാത്തൊരു മനോവേദം മുസ്ലിമീങ്ങളല്ലാത്ത കക്ഷികളൊക്കെ അലബീൻ്റെ മുടിയും കാതെ തന്നെ കാഷ്ടവധികന്നെ മലവ്വധി തന്നെ എല്ലൊരു പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയേണ്ട വക്കീലിൽ എത്തിച്ചത് ആരാണ് എന്തുകൊണ്ടാണ് ഈ സംസാരങ്ങൾ ലോകത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഖുർആനായത്തിന്റെ ആ വാക്കിന്റെ കട്ടി ഓരോ മനുഷ്യർ നിങ്ങൾ നിങ്ങളെ സ്വന്തം തടിയിൽ എന്തേ ചിന്തിക്കാത്തത് ഞാൻ ഈ എടുക്കുന്ന പണിക്ക് എനിക്കൊരു ഭാഗം ഉണ്ടോ ആയിരത്തിൽ പരം ലഭിമാർ ഇവിടെ വന്നില്ലേ അവരാരെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തിരുന്നോ ഞാൻ എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഒരു വസ്ത്രമോ ഒരു നഖമോ സൂക്ഷിക്കാൻ ഒരാളൊരു പള്ളി ഉണ്ടാക്കിയിരുന്നു ഹിജർ ആയിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് കൊല്ലങ്ങളായില്ലേ ഹിജർ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിമൂന്ന് കൊല്ലത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം എവിടെ നടന്നു അറുപത്തിമൂന്ന് കൊല്ലം അള്ളാഹ് റസൂലോട് എവിച്ചില്ലേ അള്ളാഹു ഈ ഷെഹമത്തുള്ള എത്തിയാലും മുടി പട്ടൽ ഇങ്ങനെ വാർന്നിട്ട് ഈ ഷെഹ്മുള്ള എവിടെ എത്തിയാൽ റസൂര് മുടി പെട്ട ഇവിടെ റസൂർ ഉള്ളവട ഇങ്ങനെ വാർന്ന് ഈ ഷെഹ്മുള്ള ഇത്ര ഉണ്ടാവും ഏറിയ ഇവിടെത്തും മുടി പെട്ടലാ ഹജ്ജിൽ നിന്ന് ഒഴിവാകുമ്പോൾ നിന്ന് ഒഴിവാകുമ്പോൾ അള്ളാഹുബിന്റെ റസൂര് മുടികളയാണ് റസൂറുന്റെ കാലത്ത് ഈ അറുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ ഇങ്ങനത്തൊരു സംഗതി എവിടെയെങ്കിലും നടന്നോ മൊക്കത്തുണ്ടോ മദീനത്തുണ്ടോ അറഫയിലുണ്ടോ മിത മിനയിലുണ്ടോ ഇതേതായി പള്ളി അത് റസൂറുള്ള മുടി വട്ടിയപ്പോ ആ മുടി വെക്കാമ്പുണ്ടാക്കിയ പള്ളിയാണ് ഇതേതായി മിനേല പള്ളി അത് റസൂറുള്ള ഇവിടുന്ന് ഹെറാമത്തെ ഹലാമ മുടികളഞ്ഞപ്പോൾ ഒരു മുടിവെക്കാമ്പുണ്ടാക്കിയ പള്ളിയാണ് അങ്ങനെ ദുനിയാവിലെവിടെയെങ്കിലും ഇന്ന് വരെ ഉണ്ടായോ മറ്റുള്ള കക്ഷികളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വല്ലാത്തൊരു പ്രയാസമായി അള്ളാഹുതല എല്ലാം ശാന്തമായ നിരയിലാക്കി തരട്ടെ ദാർക്ക് പ്രശ്നം ഉണ്ടാകും കേട്ടോ പ്രശ്നം വല്ലാടുണ്ടാഹുമാ ഒരു സംഗതി ഒരാൾ ചെയ്യുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ജനങ്ങളുടെ ഇടയിൽ അതൊരു മുഷാവറത്ത് ചെയ്യാം ഞാനിങ്ങനെ ഒരു സംഗതി ചെയ്യാൻ എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം പടച്ചോനേക്കാട്ടും ബരിയാളില്ല ഉറപ്പല്ലേ പടച്ചോനെക്കാട്ടും ബരിയാളെന്ന് ഉറപ്പല്ല ഹിന്ദു മുസ്ലിമും സമ്മതിക്കുന്ന ജാഗ്രത ആ ദൈവത്തിനേക്കാട്ടും ബരിയാളില്ല പടച്ചതിനെക്കാട്ടും ബലിളി എല്ലാവരും സമ്മതിക്കും മസാല അല്ലേ എന്നാൽ അള്ളാഹുത്ത ആദൻ നബി അലൈഹി സ്വലാമിനെ പടക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഒരു മുഷാവറത്ത് മലക്കുകളെ ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ഒരു മനുഷ്യനെ പടക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദം എന്ന പേരായിട്ട് എന്തെങ്കിലും അഭിപ്രായം മലക്കുകളോട് ചോല് മോശമായ ഇനി എന്തിനാ പഠിച്ചവനെ മനുഷ്യനെ പടക്കുന്നത് ഭൂമിയിൽ ദൂന്യാട്ട ആ കത്തിക്കുത്ത ഉണ്ടാക്കി കുരനാശം ഉണ്ടാക്കുന്ന ആ കൗമിനെ പടക്കണം ഞാള് പോരെ ഞാളി ലെടുക്കി വിഭാഗത്തിൽക്കുന്നില്ലേ അതവന് മുൻണ്ടിരുന്നടാ നിങ്ങൾക്കറിയാത്ത പ്രസംഗതിറിയാം അങ്ങനെ മാണ്ഡാത്തൊന്നും പറഞ്ഞാ പടക്കൂന്നെയും അപ്പൊ ഈ സംഭവം പഠിപ്പിക്കുന്നതാ ഇത്ര വലിയ ആളാണെങ്കിലും തഫസീർ ജലാലിനെ നോക്കിയ കാണാം അള്ളോന്ന് ചെയ്യബന്ധന മറ്റൊരാളോട് ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അതിൽ അവൻ്റെ സൃഷ്ടികൾക്ക് പഠിപ്പിക്കാൻ നീ എല്ലാത്തിനും മതിയാകുന്ന നേതാവാണെങ്കിലും ഒന്ന് നീ ചെയ്യുമ്പോഴൊന്ന് ആവശ്യമാണ് അവൻ്റെ സൃഷ്ടികൾക്ക് മുഷാവരത്തിന് അതൊരാവശ്യ വസ്തുവാണ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അള്ള പടക്കാമെന്നു വെച്ചാൽ മരക്കുകളോട് ചോദിച്ചത് അതുപോലെ ഒന്നും മൊത്തത്തിലൊരു മുസാവറത്ത് നടത്തിയിരുന്നെങ്കിൽ ഈ നിരക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകൂല പിണറായിക്കും ഉണ്ടാവില്ല മറ്റോനിക്കും ഉണ്ടാവില്ല ആർക്കും ഉണ്ടാകില്ല ഒരു മുസാവറത്ത് ചെയ്തിട്ടാണ് ഇതിനെപ്പറ്റി ഒരു തീരുമാനമെടുത്തതെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് പല പല നാട്ടിലും എന്തായി പറഞ്ഞു റഹ്മാൻ ആരോട് പറയാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്താളായിരിക്കില്ലേ അള്ളാഹു സുബാനഹുല നല്ലൊരു ഐക്യത്തിൻ്റെ മേഖല മുസ്ലിം സമുദായത്തിനിടയിൽ അള്ളാഹു തല ഉണ്ടാക്കി തരട്ടെ എല്ലാവരും അതിനെ ശ്രമിച്ചു നോക്കണം എല്ലാ നാട്ടിലും ശ്രമിച്ചു നോക്കണം ഒരവസരം ഇബിന് മസൂദ് തങ്ങളോട് അള്ളാഹു റസൂരോൻ ഇബിനു മസൂദ ഇങ്ങൊരു ഭയതു പറഞ്ഞ ഇനി ഭയത് പറഞ്ഞ അപ്പൊ ഇബിന് മസൂദ പറഞ്ഞു തങ്ങളെന്തി പറയുന്നു തങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങുന്നത് അങ്ങനത്തെ തങ്ങളോട് ഞാനെന്ത് ഖുർആൻ ഓതി പ്രസംഗിക്കാനാ തൂക്കിന് പിടിവെക്കാൻ പറ്റും തങ്ങളെന്തയുന്നത് അപ്പൊ അള്ളാന്റെ ആവട്ടെ ബിനിവസങ്ങനെയാണെങ്കിലും ഇനി മറ്റൊരാട് മേനവക്കുന്ന കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇബിനു മസൂദേ അതുകൊണ്ട് എൻ്റെ വാക്കുപോലെ നീ ചെയ്തോ എനിക്കൊരു പ്രയാസം വേണ്ട റസൂർ വാക്ക് തട്ടാൻ പറ്റൂലോ അപ്പൊ റസൂരിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഇബിനു മസൂദ് പരിശുദ്ധ മതി എന്ന പള്ളിയിൽ നിന്നൊരു വേദം പറഞ്ഞു എന്തായിരിക്കും ആഹുരത്തിൻ്റെ സ്ഥിതി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാർ ഇവിടെ വന്നില്ലേ അവരെ സമുദായത്തിനെ പരലോകത്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ സമുദായത്തിൻ്റെ മറുപടിക്കൊരു സാക്ഷി വേണ്ടേ ആ സാക്ഷിയായി ആ സമുദായത്തിലേക്കയത്തെ നബീനെ കൊണ്ടുവരഞ്ഞാൽ അദ്ദേഹം പറയുന്നു മൂസാ നബീന നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ നടപടി എങ്ങനെയാണ് എന്തല്ലോ ജീവിതന്യാവെന്ന് പറഞ്ഞല്ലോ പറഞ്ഞു മൂസാലബിങ്ങോട്ടോ പറഞ്ഞത് ശരിയെന്നാ ക്രിസ്ത്യാനിങ്ങോട്ടോ ചോദ്യം ചെയ്തു ഓരോരുത്തർ ചോദിച്ചു ഓരോക്കൊരു ത്രീത്വണ്ട് എന്നാൽ ദൈവം പ്രത്യേകം ഒന്നല്ല അതൊരവതാരക വസ്തുവ മറിയമ്മിൽ കൂടിയും ഈശയിൽ കൂടിയും അവതരിക്കുന്ന ഒരവതാരക വസ്തുവാണ് ദൈവം പ്രത്യേകം ഒന്നല്ല മൂന്നും കൂടിയാ അങ്ങനത്തെ ഒരു വാദം ക്രിസ്ത്യാനികൾക്കുണ്ട് ചോദ്യം ചെയ്തു അവരെന്തൊക്കെ യൂറബിനോട് പറഞ്ഞു ഇവർ ഈസാനബി തുടങ്ങല്ല ക്രിസ്ത്യാനികൾ മറ്റും നോക്കിയാൽ കാണാം അന്ന് ഇത് ചോദിക്കുമ്പോ ഈസ നബി അലി സലാമന്റെ രോമക്കുഴിയിൽ നിന്ന് രക്തം വരുവാ പേടിച്ചിട്ട് കിണ്ടീന്ന് വെള്ളം മറിക്കുമ്പോ മുത്തനബി ഒന്നും അല്ല വിളിച്ച് ഇനി ജനങ്ങളോട് പറഞ്ഞോ എന്നാണ് വിശ്വാസിയും എല്ലാം കൂടിയാ ഇനി അങ്ങനെ പറഞ്ഞോ നബി ഈസാ നബി അനുസരണം വരച്ചിട്ട് രോമക്കുഴിയിൽ നിന്ന് രക്തം വന്നു പോയി നിങ്ങൾ ഓർത്തു നോക്കൂ ഇതൊരു നീളമായ സംഭവമാണ് ഒരഞ്ചു മിനിറ്റ് കൂടി നീ അങ്ങനെ പറഞ്ഞോ അങ്ങനെ ഈ കൗമിനെ മുഴുവനും ചോദ്യം ചെയ്തു അവരെ നബി സാക്ഷി പറയാൻ വേണ്ടി വിളിച്ചു അവരെയും ചോദ്യം ചെയ്തതിൻ്റെ ശേഷം അവസാനം പറയുന്നു തങ്ങളെയും മുഴുവനെട്ടോ തങ്ങളെയും പറലോകത്ത് കൊണ്ടുവരും അവരെ സമുദായത്തിന് എന്തെങ്കിലും സൈഡായി പറഞ്ഞോ അതെ നിഷ്പക്ഷമായി പറഞ്ഞോ ഇതൊരു തങ്ങളെയും കൊണ്ടുവരും ഈ ആയ തോന്നിയപ്പോൾ ൊിച്ചുകൊണ്ട് പ്രസംഗം നിർത്തി ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിതിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ റസൂര് പറഞ്ഞ വാക്കെന്താ ഇബിനു മസൂദിനോട് അല്ല തങ്ങളെ ഞാൻ എന്ത് തങ്ങളോട് ഭേദ പറയാനാണ് ഇനി മറ്റൊരാള് പറഞ്ഞിട്ട് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇതല്ല റസൂർ മാനസികമായ നില അതിന്ന് പോയില്ല മെഹബൂബിളെ ഒരു തൻ്റെ ഗ്രൂപ്പിലുള്ള ആള് ഭേദ ഓം പോകും അല്ലാതെ ശംസുൽ മതന്നെ പറഞ്ഞാൽ ഓം പോകൂല ശംസിന്റെ മകൻ നാലുകൊള്ളം പഠിച്ച ശിഷ്യനാണ് പോകൂല ആശയവും വേറിയായി ആരോട് പറയാനാണ് ആരോട് പറയാനാണ് നല്ല ജുമാള്ളിയിൽ വെള്ളിയാഴ്ച അല്ല ഹമീദ് പോയില്ല എങ്ങനെ പെരുന്നോ ഞാൻ ഞമ്മക്ക് ഞമ്മളെ ഉണ്ടാവൂലെ അതിയോലാം ഇത് ബോണോ ബമ്പ നിന്റെ മഹലുള്ള ജുമാള്ളിയല്ലേ വെള്ളിയാഴ്ച റാവല്ലേ റസൂർവാനമ്മ സലാത്തല്ലേ അവിടെ ഗ്രൂപ്പ് നോക്കണോ ഇങ്ങനെ ആയിപ്പോയി സംഗതി അള്ളാൻ്റെ രസൂർ പറഞ്ഞത് കേട്ടെ നീ ഹിബു അൻ മറ്റൊരാളെ ഉപദേശം കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇബിൻ്റെ ഉപദേശം കുറവാനോയി പ്രസംഗിക്കൂ എനിക്ക് നിശ്ചയിച്ച ടൈം കഴിഞ്ഞു ഞാൻ അതെന്ന് തന്നെ പറഞ്ഞു നിങ്ങളോട് എനിക്ക് അഞ്ചു മിനിറ്റൊന്നും പറഞ്ഞ ഒരു കോര കിട്ടില്ല ഏതായാലും അള്ളാഹുത്തേര ഈ ബഹുമാനപ്പെട്ട സമസ്തകൾ ജമീത്തുമായി എൺപത്തഞ്ചാം വാർഷിക യോഗം എല്ലാ നല്ല അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് അള്ളാഹുത്തേനെ എത്തിക്കട്ടെ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു ആക്സിഡൻറ്റുകളും ഒന്നും തന്നെ ഈ സമ്മേളനത്തിൽ വരുന്ന ഒരു വ്യക്തിക്കും സംഭവിക്കാതെ റാഹത്തോടു കൂടി ഈ െന്ന് ഞങ്ങളെ നീ കേൾപ്പിക്കണേ തമ്പുരാനെ ഇവിടെ ഒരുമിച്ചിവിടെ എല്ലാവരെയും ഉഹ്രവിയായ നന്മ കരസ്ഥമാക്കുന്ന കക്ഷികളിൽ പെടുത്തണേ തമ്പുരാനെ ഇവിടെ ഉള്ള ഒരമാക്കളം മുഴുവനും കൂട്ടത്തിൽ ീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ ഇജ്ജത്തോട് കൂടി ജീവിപ്പിക്കണേ തമ്പുരാനെ ഒത്തൊരുമയോടുകൂടി ജീവിപ്പിക്കണേ തമ്പുരാനെ അവസാനം ഈ മാൻ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും കുടുംബസമേതം പെടുത്തണേ അല്ല ഞാൻ നിർത്തട്ടെ എനിക്ക് വിടുങ്ങി ദ്വേർക്കണേ പ്രിയത്തിൽ അസലാമല്ലേ അതുപോലെ